നിനക്കിലിന്തു ചൂടനൊന്നു തന്നെ നീ ഒഴിഞ്ഞു മട്ടെണിക്കു ദൈവമില്ല പൊൻവിളക്കിളയ്ക്കു മാഴിയേ മനം തുടങ്ങി എണ്ണുമെണ്ണമൊക്കെ ും കനം കുറഞ്ഞ കനിഞ്ഞുവന്ന കലേ നിനക്കിൽ ഇന്തു ചൂടൻ ഒന്നു തന്നെ നീയൊഴിഞ്ഞ് മറ്റെനിക്കു ദൈവമില്ല പൊൻവിളക്കിളയ്ക്കു മാഴിയേ മനം തുടങ്ങി എണ്ണുമെണ്ണമൊക്കെ നെക്കി നക്കിടും കനം കുറഞ്ഞ മേനിയെ കനിഞ്ഞുവന്ന കന്നലെ ഇതും നല്ലൊരു ബിംബമാണ് വളരെ നല്ല ഒരു ബിംബമാണ് വീണ്ടും ഭഗവാൻ പറയുന്നു ാരായണ ഗുരുദേവൻ പറയുന്നു നിനക്കിൽ ആലോചിച്ചു നോക്കിയാൽ ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാറുണ്ട് വീട് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ആലോചിക്കാറുണ്ട് വസ്തു മേടിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിക്കാറുണ്ട് അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലാത്ത കാര്യമാണ് ഭൗതികങ്ങളായ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടല്ല നടന്നതെന്ന് ആലോചിക്കുന്നവനറിയാം മനസ്സിലായില്ല അത് മനസ്സിലായില്ല ഭൗതികങ്ങളായ ഒരു കാര്യമെങ്കിലും ആലോചിച്ചിട്ടല്ല നടക്കുന്നത് യാദൃച്ഛികമായണെന്ന് ആലോചിക്കുന്നവനറിയാം രണ്ടാമത്തെ ആലോചനയും ആദ്യത്തെ ആലോചനയും ഇത്തിരി ഭേദമുണ്ട് ആദ്യത്തെ ആലോചന തൈലധാര പോലെയാണ് അതുകൊണ്ട് തിരിച്ചറിയാത്തതാണ് പ്രവാഹ നിത്യത ഉള്ളതാണ് നിങ്ങൾ വച്ച വീട് നിങ്ങളുടെ ജോലി നിങ്ങളുടെ പഠിപ്പ് ഇതൊക്കെ എടുത്തു നോക്കിക്കോ ആദ്യം നിങ്ങൾ ആലോചിച്ചതാണോ ആ ഒരാലോചനയേ ഉള്ളോ അതാണോ അവസാനം വരെ നിന്നത് അതല്ല ആലോചിക്കുകയും വന്നുചേരുകയും ചെയ്യുമ്പോൾ ആലോചിച്ചും വന്നുചേർന്നതിനെ ചേർത്ത് ആലോചിച്ചും ആലോചന ഒപ്പിച്ചെടുത്തതാണോ ചോദ്യം പിടിയിട്ടില്ല ഞാൻ ഒരു കാര്യത്തിന് ആലോചിച്ചു എനിക്ക് അതിനോട് സാദൃശ്യമുള്ള ഒന്ന് വന്നുകൂടി സാദൃശ്യം ഹേതുവായി ഞാൻ ലോകരോട് പറഞ്ഞു ഇത് ഞാൻ ആലോചിച്ചതാണ് ഞാനൊന്ന് ആലോചിച്ചു അതിന് വിപരീതമായത് വന്നു ആലോചനയെ ഞാനൊന്ന് മാറ്റി സൂത്രത്തിൽ വന്നു ചേർന്നതിനനുഗുണമാക്കി മാറ്റിയിട്ട് ഇങ്ങനെയാണ് ഞാൻ ആലോചിച്ചുറച്ച് ചെയ്തതെന്ന് എൻ്റെ വിജയത്തിൽ പറഞ്ഞു ഞാൻ ആലോചിച്ചതുപോലെ വന്നിരുന്നെങ്കിൽ തകർന്നു പോയനെ ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു രക്ഷപെട്ടത് ഞാൻ ആലോചിച്ചതാണെന്നും അതിൻ്റെ ക്രമിക വികാസമൊക്കെ ഞാൻ ആളുകളോട് പറഞ്ഞു അത് നേടിയ രീതിയൊക്കെ വന്നു കഴിഞ്ഞു പറഞ്ഞു അതിൽ ലോകനെന്നെ വന്ദിക്കാനും തുടങ്ങി ഇത് രണ്ടാമത്തത് മൂന്നാമത്തത് ആലോചിച്ചും വന്നും ആലോചിച്ചും വന്നും ഇരിക്കുന്നതിൻ്റെ ആലോചനകളിൽ നിന്ന് അനുകൂലമല്ലാത്തവയെ മാറ്റി വന്നതിനനുഗുണമായി ആലോചനകളുടെ പരമ്പരയെ ചേർത്ത് പ്രവാഹ നിത്യതയുള്ള ഒരാലോചനയെയാണോ ഞാൻ ആലോചിച്ച് തീരുമാനിച്ചു എന്ന് പറയുക പ്രവാഹ നിത്യത എന്ന പദമായിരിക്കും കുഴപ്പമുണ്ടാക്കുന്നത് നാരദഘട്ടിൽ കാശിയിൽ വാരാണസിയിൽ ഒരാൾ ഇറങ്ങി മുങ്ങുകയാണ് വേണ്ട കുറച്ചുകൂടെ മുകളിലായിക്കോട്ടെ നിങ്ങൾക്കിനി ബോധ്യം വരാൻ ദേവപ്രയാഗയിലോ നന്ദപ്രയാഗയിലോ വെള്ളത്തിലിറങ്ങി ഒരാൾ മുങ്ങുകയാണ് ഒന്നു മുങ്ങി പൊങ്ങിയിട്ടയാൾ ഒന്നുകൂടെ മുങ്ങിയാൽ അയാൾ മുങ്ങിയത് ആദ്യത്തെ വെള്ളത്തിലാണോ അതല്ല വേറെ വെള്ളമാണോ വേറെ വെള്ളമാണ് പക്ഷെ അയാൾ വന്ന് ഞാൻ ഗംഗയിൽ കുളിച്ചു എന്നാണ് അടുത്തവൻ പോയി കുളിക്കുമ്പോൾ അടുത്ത ആണ്ടിൽ കുളിക്കുമ്പോഴും അവൻ പറയുക ഗംഗയെ കുളിച്ചു എന്നാണ് രണ്ടും രണ്ടു കുളിയല്ലേ ചോദ്യം മനസ്സിലായില്ല പ്രവാഹ നിത്യതയേയുള്ളൂ നിത്യതയില്ലതിന് ആലോചനയും ഒരു പ്രവാഹമല്ലേ അതിന് നിത്യതയുണ്ടോ നിത്യതയില്ലെങ്കിൽ ആ നൈമിഷിക പ്രവാഹത്തിൻ്റെ ആലോചനയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അപ്പം ആലോചിച്ച് ഞാൻ ചെയ്തു അങ്ങനൊരു ചെയ്ത്തുണ്ടോ ഈ ലൗകിക ജീവിതത്തിൽ ഒന്നിനും ആലോചിക്കാനില്ല ആലോചിക്കുന്നത് അത്രയും ദുഃഖമാണ് എന്നാൽ ബോധത്തിൽ ആലോചിച്ചുറച്ചു നിന്നാൽ ഈ വിജയമാണ് ചിലര് വെറുതെ നടക്കുകയുള്ളൂ കൂടെ നടക്കുന്നവർ ഒരുപാട് ഒരുപാട് ആലോചിക്കും ചില വെറുതെ നടക്കുകയുള്ളൂ കാരണം അവർക്കൊരു സത്യം അറിയാം അവർക്കുള്ളതൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു നിങ്ങളിൽ ഒരാളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇറങ്ങി വന്ന് കയ്യെ പിടിച്ച് കൊണ്ടുപോയി അവിടെ ഇരുത്തി കഴുകി പാത്രമൊക്കെ വെച്ച് നിങ്ങൾക്ക് ആഹാരം തന്ന് കഴിപ്പിച്ച് എഴുന്നേറ്റ് വിടുന്നു ഒന്നും നിങ്ങൾ യോജിച്ചില്ല ഉണ്ട് വയറ് നിറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് കൂട്ടുക വേറൊരുത്തൻ ആലോചിച്ച് ഇവിടെ ചോദിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചുറച്ച് പതുക്കെ വന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇരിപ്പില്ല കാരണം അതെല്ലാം തീർന്നു കലിയാണ് ആലോചിച്ചുകൊണ്ട് കിട്ടുമോ ഒരു ഇൻ്റർവ്യൂവിൽ ഒരുത്തനിരിക്കുമ്പോൾ ചോദ്യത്തിന് ഉത്തരവൻ തെറ്റിച്ചാണ് പറഞ്ഞത് അവന് ജോലി കൊടുത്തു ശരിയായിട്ട് പറഞ്ഞവന് കൊടുത്തില്ല ഒരുത്തൻ ശരി പറഞ്ഞു അവന് കൊടുത്തു വേറൊരുത്തൻ പറഞ്ഞു ശരിക്ക് കൊടുത്തില്ല എന്താണ് ഈ പ്രപഞ്ച നിയമം അങ്ങനൊരു പ്രപഞ്ച നിയമം തന്നെ ഉണ്ടോ വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്ക് രസകരമാണ് സൂക്ഷിക്കുകയും വേണം കേട്ടോ ആലോചന ഒരു പിടിയിൽ നിർത്തി ആലോചിക്കണം ഇല്ലെങ്കിൽ വീട്ടിലുള്ളവർ ചിലപ്പം കൊണ്ടുപോകും ആലോചിച്ച് ചിലപ്പോൾ പിടിവിട്ടു പോവും ഈ ആലോചനയുടെ കട്ടുവിട്ടുപോയിക്കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ അറിയാതെ ചിരിച്ചു പോവും അപ്പോഴായിരിക്കും വീട്ടുകാരെങ്കിലും കയറി വന്ന് കാണുന്നത് വെറുതെ ഇരുന്ന് ചിരിക്കുന്നു അവർ മാറി നിന്ന് നോക്കും ആരോടോ ആംഗ്യം കാണിക്കുന്നു ഇതെല്ലാം ഈ ബോഡിയിലേക്ക് വരും ആലോചനയെല്ലാം ആരോടോ ആംഗ്യം കാണിക്കുന്നു വെറുതെ ഇരുന്ന് വർത്തമാനം പറയുന്നു നീ നിന്ന് നോക്കി അവനാ മുറിയിലിരുന്ന് എന്തോ കാണിക്കുന്നതെന്ന് കുഴപ്പമില്ലായിരുന്നല്ലോ ഇന്നലെ വരെ യാതൊരു കുഴപ്പവും സദാശിവദർശനം കേട്ട് കഴിഞ്ഞ് വന്ന് തുടങ്ങിയതാണ് സൈക്യാട്രിസ്റ്റിന് പണിയാവേ വളരെ സൂക്ഷിക്കണം അതുകൊണ്ട് ആലോചന ആ ചരട് വിടാതെ പിടിക്കണം അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഒരു കാര്യം ബോധ്യമാവും ലൗകിക കർമ്മങ്ങളൊക്കെ ആലോചിക്കേണ്ടാത്തതാണ് ഒരാലോചനയും അതിനാവശ്യമില്ലാത്തതാണ് അവശ്യം വന്നാൽ ചെയ്താൽ മതി എന്നുള്ളതാണ് അതീ ചില വീട്ടിലെ അമ്മമാരുണ്ട് അവർക്ക് ആലോചനയൊന്നുമില്ല വിശക്കുന്നു അവരൊരു ആഹാരം കയറി ഉണ്ടാക്കും അവരെ കയ്യിൽ കിട്ടിയ ചുറ്റുമുള്ള സാധനം വിശക്കുമ്പോൾ ആഹാരത്തിന് റോ മെറ്റീരിയൽ വേണം വീട്ടുമുറ്റത്തു നിന്ന് പറിച്ചത് തകരേം ചെയ്യുമ്പും താളുമൊക്കെ പറിച്ച് കൊണ്ടുവന്ന് ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ച് തരും ഗ്യാസും ഇല്ല അൾസറും ഇല്ല പരമാനന്ദസുഖമായി കഴിച്ചിറങ്ങിപ്പോരാ ഇന്നയാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആലോചിച്ച് ലഡ്ഡുവും ജിലേബിയും പ്രത്യേകമായിട്ട് വെണ്ടയ്ക്ക വഴറ്റി വഴറ്റിയ വെണ്ടയ്ക്കയിൽ മുളകും മല്ലിയും ഒക്കെ വറത്തരച്ച് ഒക്കൂടെ ഉണ്ടാക്കിയാൽ കൊടുക്കും ഇതാലോചിച്ചുണ്ടാക്കിയ സാധനമാണ് കഴിച്ചെഴുന്നേക്കുന്നത് മുതൽ വയറുകേടാവും ആലോചിച്ചുണ്ടാക്കിയതാണ് ആലോചിച്ചുണ്ടാക്കുന്നതെല്ലാം നമ്പൂരി ആലോചിച്ച പോലെ മനസ്സിലായില്ല തിരുമേനി ആലോചിച്ചറിയില്ല ഒരു ദിവസം ആളുകൾ നോക്കുമ്പോൾ ഒരു മഹിഷത്തിൻ്റെ രണ്ട് കൊമ്പിനിടയിൽ നമ്പൂരിയുടെ തല നമ്പൂരി കാലിട്ടടിക്കുക അപ്പോഴാണ് ആളുകൾ കൂടി വടമൊക്കെ എറിഞ്ഞ് പിടിച്ച് കെട്ടി കൊമ്പറത്ത് പുറത്തിറക്കിയപ്പോൾ ചോദിച്ചു തിരുമേനി എന്ത് അബദ്ധമാ കാണിച്ചത് ഈ മനുഷ്യത്തിൻ്റെ ഇടയിൽ തലകേറ്റിയത് ഓടിച്ചെന്ന് കയറ്റിയതാ നോം രണ്ട് ദിവസം ആലോചിച്ചാൽ ഇതിനിടയിൽ എങ്ങനെ കയറുമെന്ന് നോക്കി കയറ്റി ഒരർത്ഥത്തിൽ നിങ്ങൾ ഈ കർമ്മരംഗത്ത് ആലോചിക്കുന്നത് മുഴുവൻ ഇതിനാണെന്നാണ് വെടിവട്ടത്തിൽ അവർ പറഞ്ഞത് വെടിവട്ടം കൂടുമ്പോൾ ഇങ്ങനെയുള്ള ചില തമാശയാണ് പറയുക അതിനകത്തുണ്ട് മനുഷ്യ കർമ്മത്തിൻ്റെ തലം മനുഷ്യനെല്ലാം ചെയ്യുന്ന അത് അദ്ദേഹത്തിലാക്കി അദ്ദേഹം തമാശയായി പറഞ്ഞു വന്ന് കൂട്ടിയാൽ മതി അതാണ് അതിൻ്റെ ഗാംഭീര്യം ഒരുപാട് ആലോചിച്ച ഈ വട്ടത്തിനകത്ത് വീഴുന്നത് നാച്ചുറലാണെങ്കിൽ കുഴപ്പമില്ല അത് നനയ്ക്കും ആളുകൾ ഇവിടെ അങ്ങനെയുള്ള നിലക്കലല്ല നന്നായി ആലോചിച്ചാൽ നനക്കിൽ ഇന്ദു ചൂടനൊന്ന് തന്നെ നീ നല്ല പോലെ ആലോചിച്ചു നോക്കിയാൽ ഇന്ദു ചീ ചൂടൻ മാത്രമാണുള്ളത് ബാക്കിയെല്ലാം മിഥ്യ വേറൊന്നുമില്ല സർവവ്യാപകനായ ഈശ്വരൻ കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനൊരു സ്ഥലം പോലും വേറെ ഇല്ല എന്ന് അംഗീകരിച്ചാൽ സർവവ്യാപകത്വം പൊളിഞ്ഞു അപ്പൊ ഈശ്വരൻ ഉണ്ട് ജഗത്തില്ല ബാക്കിയെല്ലാം മിഥ്യ അങ്ങനെയാണെങ്കിൽ എന്തിന് ബാക്കിയുള്ളതിൻ്റെ പിന്നാലെ പോണം ശരിക്കു വിചാരം ചെയ്തു നോക്കിയാൽ പ്രതിഭാസവും വ്യവഹാരവും അസത്യമാണ് മിഥ്യയാണ് സത്യമായത് പരമാർത്ഥം മാത്രം അതെന്തുചൂടൻ നീയൊഴിഞ്ഞു മറ്റെനിക്കു ദൈവമില്ല നീ അല്ലാതെ വേറൊരു ദൈവം എനിക്കില്ല ക്രിസ്തീയ വിശ്വാസത്തിലെ ആദ്യത്തെ കൽപ്പന പോലെ മനോഹരമായൊരു ശബ്ദം ഞാനല്ലാതൊരു കർത്താവ് നിനക്കില്ല ഞാനന്ന് സബ്ജക്റ്റീവായിട്ട് പറഞ്ഞാലൊന്നായി അതിനെയാണോ ഓബ്ജക്റ്റായി കാണുന്നതെങ്കിൽ ഉത്തമവുമായി ഇവിടെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ട്വിസ്റ്റിൽ വളരെ മനോഹാരിതയുണ്ട് നീയൊഴിഞ്ഞ് ണുന്നതെല്ലാം ജഗത്തും തഥാകാരമായി കാണുന്നതെല്ലാം ദൈവവും അതിലെത്തുവാൻ അതത് വ്യാവൃത്തി വേണം പുഷ്പദന്തൻ ഇത് പറയും അതത് വ്യാവൃത്തിയായം ചകിതമഭിതത്തെ ശ്രുതിരവി ശിവമഹിംനയില് അതല്ലാത്തതെല്ലാം തത് ആകാരമുള്ളതെല്ലാം ബ്രഹ്മം അതുകൊണ്ടാണ് തത്വമസിയൊക്കെ പറയുന്നത് തത് അത് നീ ആ ത്വംഭാവമായറിയുന്ന നീ തന്നെയാണ് ആ സത്യം വേറൊരു ദൈവമില്ല പൊൻവിളക്കിഴക്കും പൊൻവിളക്ക് ആഴിയെ ആഴി കുണ്ടം പൊൻവിളക്കിനെ ഇഴയ്ക്കുന്ന ആഴി വിളക്കിൻ്റെ ശോഭയെ നിർവീര്യമാക്കുന്ന നിഷ്പ്രഭമാക്കുന്ന അഗ്നി കടലിനും ആഴിന്ന് പേര് വന്നത് ബടവാഗ്നിയിരിക്കുന്നത് കൊണ്ടാണ് ആഴി എന്ന ശബ്ദത്തിൽ കടലെന്നൊക്കെ അർത്ഥം നിങ്ങൾക്കറിയുമെങ്കിലും ആഴി എന്നതിന് തീക്കുണ്ടമെന്ന അർത്ഥം പരിചിതമായിരിക്കില്ല ആഴി പൂട്ടുക പറയും കേട്ടിട്ടുണ്ടാവും ഈ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പൊക്കെ ഒരേർപ്പാട് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു വടക്കൻ കേരളത്തിൽ തീച്ചാമുണ്ടി എന്ന് പറഞ്ഞൊരു തെയ്യമുണ്ട് അതിനാഴി ഉണ്ടാക്കും വിറവുകൊണ്ട് കത്തിച്ച് അതിനൊക്കെ ആഴിന്നാണ് പറയുക അതങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ അടുക്കൽ വിളക്കുണ്ടെങ്കിൽ അതിൻ്റെ ശോഭ ഇല്ലാതാവും അങ്ങനെ വിളക്കിൻ്റെ ശോഭയെ നിഷ്പ്രഭമാക്കുന്ന അല്ലയോ അഗ്നി കുണ്ടമേ ആ കുണ്ടത്തിൽ നിന്ന് ഉള്ള പ്രകാശം കൊണ്ട് ആ വലിയ ആത്മപ്രകാശം കൊണ്ട് ജീവാത്മപ്രകാശം നിഷ്പ്രഭമാകുന്നത് സൂചിതം നിന്റെ പ്രകാശത്തിൽ ബാക്കിയെല്ലാം നിഷ്പ്രഭം അപ്പോ അല്ലയോ ഭഗവാൻ എനിക്ക് നീ അല്ലാതെ വേറൊരു ദൈവമില്ല ചന്ദ്രകലാധരനായ നീ സത്യം ബാക്കിയെല്ലാം മിഥ്യ മനം തുടങ്ങി എന്നും എണ്ണമൊക്കെ നെക്കി നക്കിയിടും മനസ്സ് ുദ്ധി അഹങ്കാരം തുടങ്ങി ഉള്ളവയിൽ മാറി മാറി വരുന്ന ഈ ജഡസങ്കൽപ്പങ്ങളെല്ലാം ആ മാറി മാറി വരുന്ന ജഡസസങ്കല്പങ്ങളെല്ലാം അവനവനിൽ ലയിപ്പിച്ച് ഭസ്മീകരിക്കുന്ന നക്കി നക്കിടും ലേഹിക്കുന്ന നക്കിയെടുക്കുന്ന അഗ്നി നക്കിയെടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലയോ കുണ്ടമേ നിൻ്റെ താപത്തിൽ എൻ്റെ മനസ്സു തുടങ്ങി സകല ദൃശ്യങ്ങളും ജടസങ്കൽപ്പങ്ങളും ഭസ്മീകരിക്കുന്നു നിന്റെ പ്രകാശം ഉണർന്നാൽ വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ് സർവ സംശയ ക്ഷീയന്ദേ ചാസ്യകർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ ആ പരാവരയെ ദർശിച്ചാൽ എപ്പോഴെങ്കിലും ആത്മസ്വരൂപം ദർശിച്ചാൽ സംശയഗ്രന്ഥികളെല്ലാം പൊട്ടും ബ്രഹ്മഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി രുദ്രഗ്രന്ഥി ഇതൊക്കെ പൊട്ടും ഈ കുണ്ടലിനി ഈ കുലകുണ്ടലിനി കുളം തെജിച്ചിട്ട് കുലയോഷിത് കുലം തെക്ക് നിന്നോടുകൂടി ചേർന്നാൽ ആ പരാവരയെ കണ്ടാൽ സകല സംശയങ്ങളും തീരും നമ്മൾ ആ വഴിക്ക് പഠിക്കുന്നില്ല ഈ ഗ്രന്ഥം പഠിക്കാം വാദ്യം മുതലുള്ള പഠനം മാറും അതുകൊണ്ട് ആ വഴി വേണ്ടാന്ന് വെച്ചിട്ടാണ് കാരണം ശൈവാഗമങ്ങളിലൂടെ പോകുന്ന ഒരു ആചാര്യൻ്റെ കൃതിക്ക് അങ്ങനൊരു മാനമില്ലാതെ വരാൻ വഴിയില്ല പ്രത്യേകിച്ച് കുണ്ടലിനിപ്പാട്ടൊക്കെ എഴുതിയ ആചാര്യനാണ് അതുകൊണ്ട് അനുഭൂതിയുടെ വേറൊരു ലോകം അവിടെ ഉണ്ടാവും അതങ്ങനെ പഠിക്കാവുന്നതല്ല എന്ന് തൽക്കാലം കരുതിയാൽ മതി കാരണം കുളമുണ്ട് കുളം അദ്ദേഹത്തിൻ്റെ ജടയിൽ നിന്നാണ് ഒഴുകുന്നത് കവിഞ്ഞൊഴുകുകയാണ് കുലകുണ്ടലിന് കുളം ത്യജിച്ചിട്ട് നീങ്ങുന്നതൊക്കെ ആലോചനാമസൃണമാണ് അതിന് ശാപരാധി തന്ത്രങ്ങളെ അതിക്രമിച്ചു പഠിച്ചാൽ അത് മറ്റൊരു ലോകമാണ് അത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമാഴി കുണ്ടം ആ സങ്കല്പമൊക്കെ വരുമ്പോൾ കാളി കരാളി മനോജവ സ്ഫുലിംഗിനി വിശ്വരുചി ഒക്കെയായ ദേവി നക്കിയെടുക്കുന്ന അഗ്നി തൻ്റെ നാവുകൾ കൊണ്ട് സപ്തനാവുകൾ കൊണ്ട് നക്കിയെടുക്കുന്ന ചിത്രമൊക്കെ വന്നപ്പം െന്നറിയാതെ ഓർത്തുപോയതാണ് അത് വേറൊരു ഭാവനയുടെ ലോകമാണ് അതിന് ഈ ഭാവന പോലെ അവരൽപ്പം കൂടെ സൂക്ഷ്മമായ ഭാവന വേണം അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഈ ഒരു രസത്തിന് വല്ലപ്പോഴും ഓർത്തിരിക്കുന്നത് ഒരു രസമാണ് പക്ഷെ വഴിയിൽ പോകുമ്പോൾ അതിന് താന്ത്രിക ചേലയും കാര്യങ്ങളുമൊക്കെയുള്ള വേറൊരു വിശുദ്ധ ലോകമാണ് തന്ത്രാഗമങ്ങളുടേത് അതിന് പാകമാകണമെങ്കിൽ പടവുകൾ ഒരുപാട് കടന്നു വരും നമുക്കത് വിടാം ഹംസയോഗമൊക്കെ അറിയുന്ന ഒരാചാരനല്ലേ അദ്ദേഹം ഇതിലതൊക്കെ ഒളിച്ചു വെക്കാതിരിക്കാൻ വഴിയൊന്നുമില്ല അതിതൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇനിയുമൊരു ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെങ്കിൽ അന്ന് എവിടെന്നെങ്കിലും വിഷമിക്കുകയൊന്നും വേണ്ട പഠിപ്പിക്കാനുള്ളവരൊക്കെ എന്നും ഉണ്ടാവും ഭാരതത്തിൽ ഇത് നഷ്ടമാകുമൊന്നുമില്ല ഇന്ന് പഠിപ്പിക്കുന്നവരേക്കാൾ കേമന്മാരെ എന്നാളെ വരുവുള്ളൂ സംശയമൊന്നുമില്ല ആചാര്യ പാരമ്പര്യമൊന്നും സൃഷ്ടിക്കില്ല പഠിക്കാൻ ചിലപ്പോൾ ആളുണ്ടായി ഇതുവരിയല്ല അത് വേറെ പക്ഷെ അവരുടെ പരമ്പരയിൽ എന്നും ഗുണമാണ് അതുകൊണ്ട് ആചാര്യൻ അങ്ങനെയും വിചാരിച്ചിരിക്കാം കാരണം ആ പ്രയോഗങ്ങളൊക്കെ ഒരു താന്ത്രിക സങ്കല്പത്തിൻ്റെ അടുത്തുകൂടെ പോകുന്ന ആ അഴിയും കുളവും കുലകുണ്ടലിനിയും ഒക്കെ അതിലെ ആ സാധ്യതയുണ്ട് നെക്കി നക്കുക തന്നിൽ ലയിപ്പിച്ച് ഭസ്മമാക്കുക ഇല്ലാതാക്കുക നക്കിയെടുക്കുക നക്കുക എന്ന പദം ഗ്രാമ്യമാണ് ഗ്രാമ്യപദങ്ങളൊക്കെ നമുക്ക് നഷ്ടമായിട്ടുണ്ട് അല്ലേ തിരിച്ചുവരാൻ പോവുകയാണെന്ന് തോന്നുന്നു ഗ്രാമ്യപദങ്ങളിലെ ഒരു ഭാഗം ഗുരുദേവനിലൂടെയൊന്നും അല്ല അതാണൊരു അതിശയം ഗ്രാമ്യപദങ്ങളിലെ ഒരു ഭാഗം വാമൊഴി മാധുര്യത്തിൽ തിരിച്ചു വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു നിയമസഭയിലൊക്കെ പോഴൻ കൊജ്ഞാണ്ടൻ ഇതൊക്കെ ഗ്രാമ്യമാണ് അപ്പോൾ ആ ഗ്രാമ്യപദങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ഗ്രാമ്യപദങ്ങളുടെ ചമൽക്കാരവും മാധുര്യവും ഒന്ന് വേറെയാണ് നഷ്ടപ്പെടില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ പത്രങ്ങളൊക്കെ ഇത്ര സജീവമായത് വേറെ എത്രയോ നല്ല പദങ്ങളുണ്ട് അതൊന്നും അവരെ ഇരുത്തി ചിന്തിപ്പിച്ചില്ല പിന്നെ അതിൻ്റെ തുടർച്ച ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി വലിയ വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഈ ഗ്രാമ്യപദം തേടിപ്പോയൊരു നിഖണ്ഡവും ഒക്കെ ഉണ്ടാക്കി കൂടുന്നില്ല അപ്പോൾ ഗ്രാമ്യപഥമാണ് നക്കുക നക്കി നക്കുക തന്നിൽ ലയിപ്പിച്ച് ഭസ്മമാക്കുക ഇല്ലാതാക്കുക നക്കിയെടുക്കുക അഗ്നി നക്കിയെടുക്കുക അഗ്നി അതിൻ്റെ നാവ് കൊണ്ട് നക്കുക എന്നാ പറയുക അങ്ങനെ നക്കി ഭസ്മീകരിക്കുന്ന കനങ്കുറഞ്ഞ മേനിയെ എന്നിൽ നിന്ന് എൻ്റെ ആത്മപ്രകാശമായ വിളക്കിനെ നിഷ്പ്രഭമാക്കുന്ന ആ ജ്ഞാനമാകുന്ന കുണ്ടത്തിൽ എൻ്റെ ജഡസങ്കൽപ്പങ്ങളെയെല്ലാം ലയിപ്പിച്ച് ഭസ്മീകരിച്ച് കനങ്കുറഞ്ഞമേനിയെ ഭാരമറ്റ് ബന്ധമറ്റ് ശാന്തിതമായ സ്വരൂപത്തോടുകൂടിയവനെ അഗ്നി നക്കിത്തോർത്തിയാൽ ഭാരമുള്ളതൊന്നുമില്ല പിന്നെ ഭാരമെല്ലാം പോയി ലാഘവം വന്നു ലാഘവം വന്നുകഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് തല്ലാഘവം പറയാവുന്നതല്ലെന്നാണ് ഇല്ലാരണം പിന്നെ യുദ്ധമില്ല ഭാരം വരുമ്പോഴാ യുദ്ധമല്ല ആ ലാഘവം പറയാനില്ല എന്നാ പറയുക വെയ്റ്റ്ലെസ്നെസ് ഈ വെയ്റ്റ്ലെസ്നെസ്സിനാണ് ഈ അഗ്നി കൊണ്ട് പൊതിയുന്നത് ഇതിൻ്റെ നിറം അഗ്നിയാണെന്നാണ് വയ്പ് മനസ്സിലായില്ല ഇതിന് അഗ്നി വസ്ത്രം എന്നാ പറയുക ഈ അഗ്നി പൊതിയുന്നു എന്ന് പറഞ്ഞാൽ വിരജാ ഹോമത്തിലെ അഗ്നിയിൽ വെച്ച് ളും പേരും ഊരും ബന്ധവും ബന്ധുക്കളും അഭിമാനവും ജോലിയും ശമ്പളവും കിമ്പളും എല്ലാം ദഹിപ്പിച്ചു എന്നാണ് അഗ്നി അങ്ങ് നക്കിയെടുത്തു പിന്നൊരു ലാഘവും വരുമെന്നാണ് ഉറപ്പ് എനിക്കൊന്നും അങ്ങനെയല്ല കേട്ടോ ഇത് പൊതിഞ്ഞ് കഴിയുമ്പോൾ അപ്പോഴാണ് പാരാവാര പാരംഗത പരിവ്രാജക ആചാര്യ ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠ അനന്ത ശ്രീ വിഭൂഷി ഏക്ക് എസ് ആർ ആഡ് ശ്രീ ശ്രീ നിർമ്മലാനന്ദഗിരി മഹാരാജ് അപ്പം ഇത് കട്ടികൂടുക ഒരൽപ്പം കുന്തിച്ചൊക്കെ ഇരിക്കും കട്ടികൂടുന്നതുകൊണ്ടാണ് ഒരു ലാഘവമില്ലായ്മ ഇത് ഈ അഗ്നി അങ്ങ് കത്തിയാൽ ഈ ദേഹബോധമൊക്കെ കത്തിപ്പോവും ഗ്രന്ഥികളൊക്കെ പോവും ബ്രഹ്മഗ്രന്ഥി സൃഷ്ടിയുടെ ഗ്രന്ഥികളാണ് ബ്രഹ്മഗ്രന്ഥികൾ വിഷ്ണുഗ്രന്ഥി രുദ്രഗ്രന്ഥി എവിടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സമയാചാരതൽപരയായ ആ ദേവി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുടാരിക അവളുടെ ദൃഷ്ടി പറഞ്ഞാൽ മതി ആ കുലകുണ്ടലിനിയുടെ ദൃഷ്ടി പറഞ്ഞാൽ മതി